ഒരു ദൃഷ്ടാന്തം അവരുടെ അടുക്കൽ വരുമ്പോൾ അവർ പറയും അല്ലാഹുവിൻറെ ദൂതർക്ക് നൽകപ്പെട്ടതുപോലെ ഞങ്ങൾക്ക് നൽകപ്പെടുന്നതുവരെ ഞങ്ങൾ വിശ്വസിക്കില്ല തന്റെ സന്ദേശം എവിടെ നൽകണമെന്ന് അല്ലാഹു സുബഹാനഹുവല ഏറ്റവും നന്നായി അറിയുന്നു കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ അപമാനവും അവർ തന്ത്രങ്ങൾ മെനഞ്ഞതിന് കഠിനമായ ശിക്ഷയും ഉണ്ടാകും